ർ പുരുഷാർത്ഥ അത് കഴിഞ്ഞ ദിവസം വായിച്ചി അത് വായിച്ച ഹി പ്രമാണേന ഇഷ്ടം ബ്രഹ്മ അതിന് പറഞ്ഞു മിച്ച ജിജ്ഞാസ അത് ജിജ്ഞാസ എന്ന് പറഞ്ഞു അതിന്റെ അർത്ഥമാണ് പറഞ്ഞത് അവഗതി പര്യന്തം അവഗതി പര്യന്തം എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ് വ്യാഖ്യാദിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം പറയുന്നത് അതാണ് സന്മാ കർമ്മം അനു ഇച്ഛയുടെ കർമ്മം ഫലവിഷയത് അച്ഛായ ഇച്ഛ എന്ന് പറയുമ്പോൾ അതിനൊരു ഫലമുണ്ടാകും അപ്പോ ഇവിടെ എന്താണ് ഇച്ഛയുടെ ഫലം എന്തിനുച്ഛയ്ക്കുന്നു ജ്ഞാനത്തിന് എന്തിൻ്റെ ജ്ഞാനം ബ്രഹ്മത്തിൻ്റെ അങ്ങനെ ജ്ഞാനേന ഹി പ്രമാണേന അപഗന്ധം ഇഷ്ടം ബ്രഹ്മ ഇപ്പൊ ജ്ഞാനമാകുന്ന പ്രമാണത്തിലൂടെ അറിയുന്നതാണ് ബ്രഹ്മം എന്ന് പറഞ്ഞു അപ്പൊ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇവിടെ നേരത്തെ പറഞ്ഞു ്രഹ്മത്തെ അറിയുന്ന ജ്ഞാനം ബ്രഹ്മജ്ഞാനം അതാണ് ഇപ്പൊ ബ്രഹ്മജ്ഞാനം എന്ന് പറയുമ്പോ അതിന് എങ്ങനെ പ്രമാണെന്ന് പറയും കാരണം അത് പ്രമേയാണ് പ്രമാണം പ്രമാണജന്യമാണെന്ത് പ്രമ ഇപ്പൊ ജ്ഞാനം പ്രമേയാണെന്ന് ഭാഷകാലം തന്നെ പറയും ഇവിടെ ജ്ഞാനത്തെ പ്രമാണമെന്ന് പറഞ്ഞു ഇത് ഇങ്ങനെ മാറിയും തിരിച്ചൊക്കെ പറയും ഇത് ആൾക്കാർക്ക് ആശയക്കുഴപ്പ ഒന്നുകിൽ ഇവിടെ ജ്ഞാനം പ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രമേയം എന്നർത്ഥം കൊടുക്കും ജ്ഞാനമാകുന്ന പ്രമ എന്നുവെച്ചാൽ ബ്രഹ്മജ്ഞാനം അതുകൊണ്ട് അറിയുന്നത് അതിൻ്റെ വിഷയം അറിയുന്ന വെച്ചാൽ അതിന്റെ വിഷയം അതാണ് എന്ത് ഇഷ്ടം ബ്രഹ്മ ജിജ്ഞാസ ഇച്ഛിക്കുന്നതായ ബ്രഹ്മം ജിജ്ഞാസയുടെ അർത്ഥം തന്നെ എന്താണ് അറിവിനുള്ള ഇച്ഛ അപ്പോ എന്ന് പറയുന്നത് അയച്ഛിക്കുന്നതായിരിക്കപ്പെട്ടതായ ഇഷ്ടം ബ്രഹ്മജിജ്ഞാസുന്റെ ഇഷ്ടമായിരിക്കുന്ന ബ്രഹ്മം എന്താണ് വിഷയമാണ് എന്നർത്ഥം കൊടുക്ക ഇപ്പൊ ജ്ഞാനത്തിന് പ്രമ എന്നർത്ഥം കൊടുത്തു കഴിഞ്ഞു ഇനി പ്രമാണമെന്നും അർത്ഥം കൊടുക്കണം ഇവിടെ ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞു സമാധി പ്രക്രിയ അനുസരിച്ചാണെങ്കിൽ സമാധിയിലുണ്ടാകുന്ന അപരോക്ഷ വൃത്തിയാണ് അവിടെ വൃത്തിയെ പ്രമാണമായി സ്വീകരിക്കുന്നുണ്ട് വൃത്തി പദ്വീതികൾ വൃത്തിയെ പ്രമാണമായി സ്വീകരിക്കുന്നുണ്ട് അപ്പോ അപ്പോന പ്രമാണേന എന്ന് പറഞ്ഞാൽ ആ അപരോക്ഷ അതുകൊണ്ട് ഉണ്ടാകുന്ന അപ്പം വൃത്തി എന്ത് ചെയ്യുന്നു പറയുന്നു ആ ചരമസാക്ഷാത്കാര വൃത്തി എന്ന് പറയുന്നത് ബ്രഹ്മത്തെ സംബന്ധിച്ചുള്ള അജ്ഞാനത്വം നശിപ്പിക്കുന്നു നശിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു ബ്രഹ്മം തടസ്സമില്ലാതെ ബ്രഹ്മം സ്വയം പ്രകാശമായിരിക്കുന്ന ബ്രഹ്മം തടസ്സമില്ലാതെ പ്രകാശിക്കുന്നു അതിനെയാണ് ഫലം എന്ന് പറയുന്നത് അപ്പൊ ബ്രഹ്മൻ സ്വയം പ്രകാശിപ്പിക്കും എന്ന് പറയാൻ പറ്റും കാരണം ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കാൻ പറ്റില്ല വേറൊരു കൊണ്ട് ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കാൻ പറ്റില്ല കാരണം അത് സ്വയം ഞാനമാണ് ജ്ഞാനത്തെ ഞാനും കൊണ്ട് പ്രകാശിപ്പിക്കാൻ പറ്റില്ല പിന്നെ എന്താ ചെയ്യുന്ന എന്താ സംഭവിക്കുന്നത് ചരമസാക്ഷാത്കാരത്തിൽ കാരണം സാക്ഷാത്കാരവും പറയുന്ന ഒരു വൃത്തിയാണ് എല്ലാ ജ്ഞാനങ്ങളും എന്താണ് വൃത്തിജ്ഞാന ഒന്ന് കഴിയും ഏത് ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന ജ്ഞാനം ബ്രഹ്മസ്വരൂപമായിരിക്കുന്നു ജ്ഞാനമാണ് എന്നുവെച്ചുകൂടെ ജ്ഞാനത്തെ രണ്ടു തരത്തിൽ സ്വീകരിക്കുന്നു ഒന്നെന്താണ് ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന ജ്ഞാനം മറ്റൊന്നെന്താണ് വൃത്തിജ്ഞാനം ഞാൻ പുസ്തകത്തെ അറിയുന്നു പുസ്തകം ഒരു വൃത്തിജ്ഞാനമാണ് വൃത്തിജ്ഞാനം എന്ന് പറയുന്നത് അവിടെ വൃത്തിയുമുണ്ട് ജ്ഞാനവും ഉണ്ട് അതിലാ വൃത്തിയും ജ്ഞാനവും തമ്മിൽ എങ്ങനെയാണെന്നുള്ളതിന് അദ്വൈതയൊക്കെ പല പല പ്രക്രിയകളനുസരിച്ച് അവച്ഛേദവാദം ആഭാസവാദം റെയുംബവാദം ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല പ്രക്രിയകളനുസരിച്ച് പലതരത്തിൽ വ്യാഖ്യാനിക്കുക അന്തുവായിക്കൊള്ളട്ടെ എന്തായാലും ഒരു വൃത്തി ജ്ഞാനം എന്ന് പറയുന്നതും സ്വരൂപജ്ഞാനം എന്ന് പറയുന്നത് രണ്ടെണ്ണമുണ്ട് അന്വേഷി പറയും അതിന് സ്വരൂപജ്ഞാനം എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെ വൃത്തിജ്ഞാനം എന്ന് പറയുന്നത് എന്താണോ ആ വിഷയങ്ങളെ അറിയുന്ന ജ്ഞാനവും ബ്രഹ്മത്തെ അറിയുന്ന ജ്ഞാനവും എല്ലാം വൃത്തിജ്ഞാനമാണ് വിഷയത്തെ അറിഞ്ഞാലും വൃത്തിജ്ഞാനമാണ് ബ്രഹ്മത്തെ അറിഞ്ഞാലും വൃത്തിജ്ഞാനമാണ് അതിന് വിഷയത്തെ അറിയുന്നിടത്ത് എന്താ ചെയ്യുന്നത് ഈ വൃത്തി എന്ന് പറയുന്നത് അന്ധക്കരണമാണ് ആ വൃത്തി വിഷയത്തെ മറയ്ക്കുന്ന ആവരണത്തെ നശിപ്പിക്കുന്നു ആ വൃത്തിയിലുള്ള ജ്ഞാനം ആ വസ്തുവിനെ പ്രകാശിപ്പിക്കുന്നു അങ്ങനെയാണ് നമുക്ക് വിഷയം ഞാനുണ്ടാകുന്നത് ഇതൊക്കെ അദ്വൈതികളുടെ കല്പനകളാണ് പഴയകാലത്ത് അദ്വൈതികൾക്ക് എങ്ങനെയാണ് ഈ പ്രത്യക്ഷുണ്ടാകുന്നത് എന്നുള്ളത് ഇന്നത്തെ ആധുനിക മനുഷ്യന്റെ അറിവൊന്നും ഉണ്ടായിരുന്നില്ല കാശം വസ്തു ഉൽപ്പതിക്കുന്നു വസ്തുവിൻ്റെ പ്രതിബിമ്പും റെട്ടിനിൽ പതിക്കുന്നു അത് പറയിലോട്ട് പോകുന്നു അതുപോലെ ബ്രെയിനിൽ എന്ത് ചെയ്യുന്നു അതിനെ ഇൻടർപ്രട്ട് ചെയ്യുന്നു അപ്പം ബോധം കൂടുതലുണ്ടാവുന്നു ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും പഴയ കാലത്ത് ഇവർക്കാർക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് അവർ അവരുടെ കല്പനകളാണ് എന്താണ് അന്ധക്കരണമെന്ന് പറയുന്ന ഒരു വസ്തുവുണ്ട് അത് പഞ്ചഭൂതങ്ങൾ കൂടി ചേർന്നതാണ് അത് വളരെ സ്വച്ഛമാണ് ്ഞാനത്തിന്റെ പ്രതിച്ഛായ ഉണ്ട് ആ പ്രതിച്ഛായയോടുകൂടിയ അന്ധക്കരണത്തെയാണ് വൃത്തി എന്ന് പറയുന്നത് ഓരോ വിഷയത്തിനും അനുസരിച്ച് മനസ്സിൽ വൃത്തികളുണ്ടാകുന്നു ആ വൃത്തി ആ വിഷയത്തിലുള്ള ആവരണത്തെ നശിപ്പിക്കുന്നു ഇപ്പോ പറയുന്നത് എന്താണ് ഓരോ വിഷയത്തിന്റെ അറിവിനും തടസ്സമായി നിൽക്കുന്നത് എന്താണ് ആവരണമാണ് എല്ലാത്തിനും ആവരണമുണ്ട് അപ്പം വൃത്തിചെന്നിട്ട് എന്ത് ചെയ്യണം ആവരണത്തെ മാറ്റണം മാറ്റിയാൽ ആ വൃത്തിയിലുള്ള അറിവ് ആ വസ്തുവിനെ പ്രകാശിപ്പിക്കും അങ്ങനെ ഇതേ പ്രക്രിയ തന്നെയാണ് സമാധിയിൽ സ്വീകരിച്ചിരിക്കുന്നത് സമാധിയിലും അവസാന ഒരു വൃത്തി ഉണ്ടാവുന്നു അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന വൃത്തി കാരണം ഈ വൃത്തി പ്രക്രിയയാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഇത് അദ്വൈതികളുടെ ഒരിതാണ് ജ്യാദീശീരി പോലെ തന്നെയാണ് സാങ്കളും സ്വീകരിച്ചിരിക്കുന്നു വൃത്തിപ്രക്രിയ താർക്കികന്മാരും മറ്റു ഇത് അംഗീകരിക്കത്തില്ല അപ്പോ ബ്രഹ്മത്തെ ഇങ്ങനെ ധ്യാനിച്ച് ധ്യാനിച്ച് ധ്യാനിച്ച് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ഒരു വൃത്തി ഉണ്ടാവും അപരോക്ഷ വൃത്തി എന്ന് പറയുന്നതാണ് ആ അപരോക്ഷ വൃത്തി എന്ത് ചെയ്യുന്നു അതിന് ഞാനുണ്ട് അപരോക്ഷ വൃത്തി എന്ത് ചെയ്യുന്നു അജ്ഞാനത്തെ നശിപ്പിക്കുന്നു അല്ലെങ്കിൽ ആ അപരപക്ഷ ജ്ഞാനോ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു രണ്ടുപക്ഷവും പറയും എന്തായാലും അതുകൊണ്ട് അജ്ഞാനം നശിപ്പിക്കും പക്ഷെ ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കാൻ ഈ വൃത്തിജ്ഞാനത്തിന് ശേഷിയില്ല ബ്രഹ്മവന്തിയും നമ്മുടെ സ്വയം പ്രകാശിക്കുന്നു അപ്പോ ഈ വൃത്തി ഉണ്ടായി വരുന്നു ബ്രഹ്മ അകാരവൃത്തി അഖണ്ഡാകാര വൃത്തി ചരമവൃത്തി എന്നൊക്കെ പറയുന്ന ഈ വൃത്തി ഇതിനെയാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത് അതാർക്കുണ്ടാകുന്നു ആർക്കുണ്ടാകുന്നു നിരന്തരം ബ്രഹ്മത്തെ ധ്യാനിക്കുന്നവർക്ക് ഉണ്ടാകുന്ന അവസ്ഥയാണ് എന്ന് പറയുന്നത് സമാധി അപ്പൊ ആ വൃത്തിയാണെന്ന് പറയുന്നത് സാക്ഷാത്കാരം അതിനെയാണ് അപരോക്ഷ വൃത്തി സാക്ഷാത്കാരം എന്നൊക്കെ പറയുന്നത് ഇത് സമാധി പ്രക്രിയയിൽ അദ്വൈതികൾ സ്വീകരിച്ചിരിക്കുന്നതാണ് അപ്പൊ ആ വൃത്തിയെ അതിനെന്തു പറയുന്നു പ്രമാണമെന്ന് പറയുന്നു അപ്പോ പറയുന്നത് ശരിയോ എന്താണ് ജ്ഞാനേന പ്രമാണേന ജ്ഞാനമാകുന്ന പ്രമാണം എന്ന് വെച്ചാൽ ആ അവഗന്ധു ഇഷ്ടം ബ്രഹ്മ ബ്രഹ്മത്തെ അറിയാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ ജ്ഞാനം വിഷയമാക്കുന്നില്ല പക്ഷെ ബ്രഹ്മ അവിടെ സ്വയം പ്രവാസിക്കുന്നു ഇതൊന്നും ഭാഷകാരം പറയുന്നതല്ല ഇത് കാർ പറയുന്നവണ്ണം ഇതിന്റെ വ്യാഖ്യാതാക്കൾ പറയുന്ന അല്ലെങ്കിൽ പിന്നെ സിമ്പിളായിട്ട് എടുക്കണം ജ്ഞാനം എന്നാ പ്രമാണേന കാരണം പ്രമാ പ്രമാണമെന്ന് പറയുന്ന രണ്ടും പ്രമാർത്ഥത്തിൽ വരാം നാങ്ങ് ധാതവിൽ നിന്ന് ലൊട്ട് പ്രത്യം വന്നു കഴിഞ്ഞാൽ വരും പറയും ഭാവാർത്ഥത്തിൽ വന്ന അർത്ഥവും പ്രമാണു അപ്പൊ ഞാനിങ്ങനെ പ്രമാണെന്ന് വെച്ചാൽ പ്രമ കൊണ്ട് യഥാർത്ഥ ജ്ഞാനം കൊണ്ട് യഥാർത്ഥമായ ജ്ഞാനം അപ്പൊ യഥാർത്ഥമായ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് യഥാർത്ഥമായ ഞാനെന്ന് പറഞ്ഞാൽ അജ്ഞാന സംശയവിവരങ്ങളൊന്നും ഇല്ലാത്ത ജ്ഞാനം അജ്ഞാന സംശയവീര്യശൂന്യമായ ജ്ഞാനം കൊണ്ട് ബ്രഹ്മത്തെ ഇഷ്ടമായ ബ്രഹ്മത്തെ അറിയുന്നു അത് ബ്രഹ്മത്തെ അറിയുന്ന ജ്ഞാനം കാരണം ജ്ഞാനം പലതരത്തിലും വരാം അപ്പോ ഭാഷ്യത്തിൽ വന്നു എന്താണ് വസ്തു സ്വരൂപ അവതാരണം വിദ്യ ഓർമ്മയേണ്ട വസ്തു സ്വരൂപ അവധാരണം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം അവതാരണം നിശ്ചയം വിദ്യ അല്ലെങ്കിൽ ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ് ബ്രഹ്മസ്വരൂപ നിശ്ചയമാണ് ബ്രഹ്മസ്വരൂപ നിശ്ചയം എന്ന് പറഞ്ഞാല് സമാധിയുടെ ആവശ്യമില്ല സമാധി എന്ന് പറയുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ് ജാഗ്രത അല്ല സ്വപ്നമല്ല സുഷുപ്തിയല്ല ഇത് മൂന്നുമല്ലാത്ത മറ്റൊരവസ്ഥയാണ് എന്ത് സമാധി എന്ന് പറയുന്നു ആ സമയം വസ്തു സ്വരൂപ അവധാരണം ഏതെങ്കിലും ഒരു വസ്തുവിന്റെ നിശ്ചയം എന്ന് പറയുന്ന എവിടെയാ സംഭവിക്കുന്നത് എവിടെയാളി കയറുന്നില്ല ഞാൻ ഇത്രയേണം പറഞ്ഞിട്ടുള്ളതാണ് ജാഗ്രത ഞാൻ നിശ്ചയിക്കാണ് ഇത് പുസ്തകമാണ് ഇതെപ്പോഴാണ് സംഭവിക്കുന്നു ജാഗ്രത സംഭവിക്കുന്നത് സാർ സ്വപ്നത്തിന് നിശ്ചയം സംഭവിക്കാം പക്ഷെ ഉണർന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാ പറയും അതൊക്കെ ഭ്രാന്തിയായിരുന്നു അപ്പോ നിശ്ചയം പ്രധാനമായി സംഭവിക്കുന്നത് എവിടെയാണ് അപ്പൊ വസ്തു സ്വരൂപ അവതാരണമെന്ന് പറയുമ്പോൾ ജാഗ്രത സംഭവിക്കും അതോടെ പറയുന്നു തദ്വിവേകേന വന്നതാണ് ആത്മാഅാത്മവിവേകം കൊണ്ട് ആത്മ നിശ്ചയം അതിപ്പം സംഭവിക്കും ജാഗ്രതത്തിലൊരാൾക്ക് നിശ്ചയിക്കാം അങ്ങനെ ഒരാത്മാവുണ്ട് ആത്മാവാണ് താൻ ഇങ്ങനെ നിശ്ചയിക്കുന്നു ജാഗ്രത നിശ്ചയിക്കാം അതാണ് വിദ്യ എന്ന് പറയുന്നു ആ നിശ്ചയം കൊണ്ട് പറയുന്നു അജ്ഞാനം നശിക്കുന്നു എന്താ അജ്ഞാനം അല്ലെങ്കിൽ അവിദ്യ എന്താ വിദ്യാ നിശ്ചിച്ചത് പറഞ്ഞു അജ്ഞാന സംശയവിരങ്ങൾ കുടുംബത്തിന്റെ അജ്ഞാന സംശയവെന്ന് നിശ്ചയുണ്ടായി സംഭവിക്കാത് അപ്പൊ വസ്തു സ്വരൂപ അവതാരണമെന്ന് പറയുമ്പോൾ നിശ്ചയം എന്നുള്ള അർത്ഥം അപ്പൊ ഇവിടെ പ്രമാണമെന്നുള്ള എന്തർത്ഥം കൊടുക്കണം പ്രമാക്കണം പ്രമാണത്തിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട് എടുക്കുന്നതല്ല അങ്ങനെ ഒരു അർത്ഥമുള്ളതാണ് അപ്പൊ അറിയുന്ന എന്തിനാ ബ്രഹ്മത്തെ തന്നെ അതുകൊണ്ട് അതാണ് ഇവിടെ ജിജ്ഞാസ വിഷയം അപ്പൊ നശിക്കുന്നു ഇനി സമാധി പോയി അവിദ്യം നശിച്ചു കഴിഞ്ഞാലും സമാധിന്ന് ഉണ്ടാകുന്നവരുമ്പോ എന്ത് വരും പ്രപഞ്ചം കാണും സമാധിയിൽ നിന്ന് പിന്നെ ജാഗ്രത വരണ്ടേ ഇനി ജാഗ്രതത്തിൽ ഇരുന്നുകൊണ്ട് ബ്രഹ്മമാണ് താനെന്ന് നിശ്ചയിച്ചാലും പിന്നെ എന്ത് കാണും പ്രപഞ്ചം കാണും അപ്പൊ അവരൊന്നും കാര്യങ്ങളിലൊന്നും വ്യത്യാസമൊന്നുമില്ല സമാധിയിൽ നിന്നറിഞ്ഞാലും ശരി ജാഗ്രതയിലിരുന്നറിഞ്ഞാലും വീണ്ടും പ്രപഞ്ചം കാണും മരണം വരെ എന്ത് കാണും പ്രപഞ്ച അനുഭവം ഉണ്ടാവും മരിച്ചു കഴിഞ്ഞ മോക്ഷം മരിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് മനുഷ്യനറിയ അദ്വൈതി പറയുന്നതല്ലേ മരിച്ചു കഴിഞ്ഞ മോക്ഷമാണെന്ന് അവിടെ മോക്ഷം ആർക്കാ മോക്ഷം മരിച്ചു കഴിഞ്ഞാ മോക്ഷം എന്ന് പറയുന്നു മരിച്ചു കഴിഞ്ഞാ ആർക്കാ മോക്ഷം ഏ താനെന്തായാലും മരിച്ചു പിന്നെ മോക്ഷമറക്കാം അങ്ങനെ ഉണ്ടെന്ന ആർക്കറിയാം ഈ അറിയുന്നതും കാണുന്നതിനും ഒക്കെ അപ്പുറം ഒരു ആത്മാവുണ്ടെന്ന് ആര് പറയുന്നു അത് ഇനി അങ്ങനെ ഉണ്ടെന്നുള്ളത് ആർക്കറിയാ ഇത് അങ്ങനെ ഒന്നും അറിയാൻ പറ്റുന്ന സാധനമല്ലല്ലോ ആർക്കറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതറിയാൻ പറ്റത്തില്ല പിന്നെ നിശ്ചയിക്കുക അത് ഒരാൾക്ക് നിശ്ചയിക്കാൻ പറ്റുമെന്താണോ ഈ പറയുന്ന യുക്തികളനുസരിച്ച് ചിന്തിച്ചിട്ട് ആത്മാവുണ്ട് അതാണ് താൻ അങ്ങനെ നിശ്ചയിക്കാം ഉറപ്പിക്കാം അതിന് വരുന്ന അജ്ഞാന സംശയ വിനയങ്ങളെയൊക്കെ നീക്കുന്ന യുക്തി വിചാരം കൊണ്ട് നീക്കിക്കളഞ്ഞാൽ അങ്ങനെ ഒരു നിശ്ചയം മനുഷ്യന് ഉണ്ടാവും അങ്ങനെ ഒരു നിശ്ചയം ഉണ്ടാകുന്നു ഉണ്ടായി എന്ന് വിചാരിച്ച് എന്താണോ മറ്റു വസ്തുക്കളെപ്പോലെ ആത്മാവ് ഒരു വസ്തുവായെങ്കിലും മുൻപ് ഇരിക്കുമോ അങ്ങനെ പറയുന്നില്ലല്ലോ അതാ അനുഭവാതീതമായ ഒരു വസ്തുവല്ലേ ഇന്ത്യ അതീതമായ വസ്തുവല്ലേ പ്രപഞ്ചാതീതമായ വസ്തുവല്ലേ അപ്പൊ പിന്നെ അതിനെ മനുഷ്യൻ പ്രതീക്ഷിക്കുന്ന പോലെ അവന്റെ ഭാവനയെ കാണുന്ന പോലെ എന്തെങ്കിലും വിഷയമാണെങ്കിൽ ശരി നമുക്ക് നിശ്ചയിച്ചതാ എന്റെ മുമ്പിൽ ബ്രഹ്മം എന്ന് അല്ലെങ്കിൽ ആന്തരികമായിരിക്കുന്ന സോതുക്കാദികളെപ്പോലെയാണെങ്കിൽ ഒരാൾക്ക് പറയാം ഞാ ഇത് അസുഖം അനുഭവിക്കുന്നു ദുഃഖം അനുഭവിക്കുന്നു അങ്ങനെയുള്ള വികാരമൊന്നും അല്ല ബ്രഹ്മം വൈകാരികമായൊരു വിഷയമല്ല മനസ്സിന്റെ വിഷയമല്ല സമാധിയിൽ അറിയുന്നു എന്ന് പറയുമ്പോഴും എന്താണ് പറയുന്നത് വൃത്തി അല്ലെങ്കിൽ ജ്ഞാനം ബ്രഹ്മത്തെ അറിയുന്നു എന്നല്ല പറയുന്നു പിന്നെ എന്താ പറയുന്നു വൃത്തി അവിദ്യയെ നശിപ്പിക്കുന്നു അവിടെയും ബ്രഹ്മം എന്ത് ചെയ്യുന്നു സ്വയം പ്രകാശിക്കുന്നു എന്നാണ് സ്വയം പ്രകാശിക്കുന്നു എന്ന് വെച്ചാൽ എന്താ ടോർച്ച് അടിക്കുമ്പോലെ എന്ന് വിചാരിക്കാൻ പറ്റുമോ ടോർച്ചടിക്കുന്നെങ്കിലും എന്ത് വേണം ബാറ്ററി വേണം ലൈറ്റ് വേണം സൂര്യൻ പ്രകാശിക്കുന്നതെങ്കിലും എന്ത് വേണം ഹൈഡ്രജൻ ഹീലിംഗ് ഇന്ധനം വേണം ഇപ്പൊ ബ്രഹ്മം അങ്ങനെയൊന്നും പ്രകാശിക്കുന്നില്ല സൂര്യൻ പ്രകാശിക്കുമ്പോൾ പ്രകാശിക്കുന്നെന്ന് പറയാൻ പറ്റില്ല ഒരു കേവലമായ അറിവാണ് ഇപ്പൊ നമ്മുടെ നമ്മളിപ്പോ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അനുഭവങ്ങൾ നമ്മുടെ ബൗദ്ധികമായ അറിവ് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിന്റെ തലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അറിവുകൾ അപ്പുറം ഒരു അറിവുണ്ടെന്നുള്ളത് അദ്വൈതിയുടെ ഒരു സിദ്ധാന്തത്തിനപ്പുറം അതിനെ ഉറപ്പിക്കാനായിട്ട് യാതൊരു വഴിയും ഇല്ല അതിനാണ് എന്ത് പറയുന്നത് ബ്രഹ്മ അത് മരിച്ചാ ഉണ്ടെന്ന് പറയുന്നതിന് എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ ഏ ഇല്ല പിന്നെ നിങ്ങൾ പറയണ ആത്മാവെന്ന് പറഞ്ഞാൽ എന്റെ മനസ്സാണ് എന്റെ പ്രാണനാണ് അല്ലെങ്കിൽ മനസ്സും പ്രാണനും എല്ലാം കൂടി ചേർന്ന ഒന്നാണ് അത് ഊർജമാണെന്നൊക്കെ പറഞ്ഞ ശരി ഓക്കെ ഇപ്പൊ വ്യത്യാസമൊന്നുമില്ല അതിനെയൊക്കെയാണ് നിങ്ങൾ ആത്മാവെന്ന് വിളിക്കുന്നെങ്കിൽ അതുകൂടെ ഉണ്ട് പക്ഷെ ആത്മാവെന്ന് പറയുന്ന ഇതിനൊന്നുമല്ല പിന്നെ ഏതിനാ പറയുന്നത് ആ സ്വയം പ്രകാശമായിരിക്കുന്നു നിത്യശുദ്ധ ബുദ്ധമുക്തമായ അത് ഈ വാക്കുകളിലൂടെ വാക്കർത്ഥം ഗ്രഹിക്കുന്നതിനപ്പുറം നമ്മൾ വിചാരം ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഗ്രഹിക്കുന്നത് വാക്കുകളുടെ അർത്ഥത്തെ മനസ്സിലാക്കി ബുദ്ധിയിൽ ഒരു നിശ്ചയിക്കുന്നതിനപ്പുറം ആ നിശ്ചയത്തിന് ആധാരമായി ഒരു വസ്തു അങ്ങനെ ഉണ്ട് എന്നുള്ളത് അതിന് തെളിവെന്നുള്ള അല്ല അങ്ങനെ എന്താണ് ത്തിലും ഭാവനും വാക്കുകളിലും മാത്രേ നമുക്ക് നിശ്ചയിക്കാൻ പറ്റൂ മനസിലായ അതിനപ്പുറം അത് പിന്നെ വേണമെങ്കിൽ പറയാം എനിക്ക് സമാധിയില് ഉണ്ടായിരുന്നു സമാധിയില് പറയുന്ന എന്താണ് സമാധിയില് ഒരു വൃത്തി ഉണ്ടാകുകയും ആ വൃത്തി നശിച്ചു പോവുകയും ചെയ്യുന്നു ബാക്കിയുള്ളത് അത് അറിവിന് വിഷയമേ അല്ല സ്വയം പ്രകാശിക്കുന്നു പിന്നെ സമാധിയിൽ അറിയുന്നു പറയുന്നതിന് എന്താ അർത്ഥമുള്ളത് സമാധി അറിയേണ്ട വൃത്തി കൊണ്ടാണ് സമാധിയിൽ അറിയേണ്ട വൃത്തി നശിച്ചു പോവുകയാണ് അതുകൊണ്ടൊരു സിദ്ധാന്തമാണ് ബ്രഹ്മ എന്ന് പറയുന്നത് അദ്വൈതയുടെ സിദ്ധാന്തങ്ങൾ അതുകൊണ്ടാണ് രാമായുജനെ പോലുള്ളവരെന്നെ അംഗീകരിക്കാത്ത അവർ വേറെ സിദ്ധാന്തം ഉണ്ടാക്കി പിന്നെ ഓരോരുത്തർക്ക് ഇഷ്ടം എന്തെങ്കിലും സിദ്ധാന്തം ഓരോരുത്തർക്ക് വേണമല്ലോ ഉം അതുകൊണ്ട് ചിലർക്ക് കൊഞ്ചിഷ്ടം ചിലർക്ക് ഇഞ്ചി ഇഷ്ടം എന്നൊക്കെ പറയും പോലെ ഓരോ സിദ്ധാന്തങ്ങളും കൊണ്ട് ഓരോരുത്തര് ഇങ്ങനെ നടക്കുന്നു ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു സിദ്ധാന്തം വേണമെങ്കിൽ കൊണ്ടു കിടക്കാം സ്വീകരിക്കാം ഇത്രയേ ഉള്ളൂ പിന്നെ എന്താണോ ഇതൊന്നും പറഞ്ഞ ആൾക്കാരെ പറ്റിക്കരുത് മനസിലായോ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ കിടപ്പ് വശം എന്ന് മാത്രം പറയുക ഇത് പറഞ്ഞ ആൾക്കാരെ പറ്റിച്ച് കാശുണ്ടാക്കാനൊന്നും നോക്കരുത് ഇത് തത്വചിന്ത തത്വചിന്ത എന്ന് പറയും തത്വചിന്തയുടെ ലോകത്ത് ഇതിനൊക്കെ ഒരു നിലയുണ്ട് ഒരു വിലയുണ്ട് തത്വചിന്തയുടെ ഭാഗമായിട്ട് ഇതിനൊക്കെ എടുക്കും തത്വചിന്തയിൽ ഇങ്ങനെയൊക്കെയുള്ള സിദ്ധാന്തങ്ങളുണ്ട് അതൊക്കെ മനസ്സിലാക്കുക നിശ്ചയിക്കുക നല്ല കാര്യം തന്നെയാണ് അതിനപ്പുറം പുറത്തു കൊണ്ടുപോയി അതിനേതെങ്കിലും യാഥാർത്ഥ്യങ്ങളൊക്കെ സങ്കല്പിക്കുന്നതിന് നമ്മുടെ ഇതിൽ ഒന്നുമില്ല തത്വചിന്തയിലെല്ലാം ഓക്കെയാണ് തത്വചിന്ത തത്വചിന്തയായിട്ട് തന്നെ മനസ്സിലാക്കുക ്രഹ്മവഗദ്രഹി പുരുഷാർത്ഥ പുരുഷാർത്ഥം എന്ന് പറയുന്നത് എന്താണ് പക്ഷെ സാറിന് പുരുഷാർത്ഥം എന്ന് പറയുന്നത് എന്താണ് മോക്ഷത്തെയാണ് പുരുഷാർത്ഥം എന്ന് പറയുന്നത് ഇവിടെ ബ്രഹ്മ അവഗതി എന്ന് പറഞ്ഞെന്താണ് ജ്ഞാനമാണ് പുരുഷാർത്ഥം എന്ന് പറഞ്ഞത് നേരത്തെ ഭാഷകാരം പറഞ്ഞു നിസ്ത്രേയസഫലന്ത ബ്രഹ്മവിജ്ഞ ബ്രഹ്മവിജ്ഞാനം എന്ന് പറയുന്നത് നിശ്രേയസമാകുന്ന ഫലത്തോടുകൂടി നിശ്രേയസം ഫലം യെസ് നിശ്രേയസംന്ന് പറഞ്ഞ എന്താണ് മോക്ഷം ഫലമായിരിക്കുന്നാണെന്ത് ബ്രഹ്മവിജ്ഞാനം അപ്പൊ അപ്പൊ നിശ്രേയസം എന്തായി നിശ്രേസം എന്തായി അതെന്തായി നിശ്രേസം നിശ്രേയസം എന്തായി അതാണ് പുരുഷാർത്ഥം എന്തുകൊണ്ട് നിശ്രേയസഫലം ബ്രഹ്മജ്ഞാനം ബ്രഹ്മജ്ഞാനത്തിന്റെ ഫലമാണെന്ത് ബ്രഹ്മജ്ഞാനത്തിന്റെ ഫലമാണെന്ത് നിശ്രേയസം അപ്പൊ നിശ്രേയസം എന്തായി അപ്പം ബ്രഹ്മജ്ഞാനമാണോ പുരുഷാർത്ഥം പുരുഷാർത്ഥം എന്ന് പറയുന്നത് അങ്ങത്തത് പരമപുരുഷാർത്ഥം ധർമ്മം അർത്ഥം കാമം എല്ലാം പുരുഷാർത്ഥമാണ് പക്ഷെ പരമപുരുഷാർത്ഥം എന്ന് പറയുന്നത് എന്തോന്നു പക്ഷെ പരമജ്ഞാനത്തിന്റെ ഫലമാണ് പക്ഷെ ഇവിടെ പുരുഷാർത്ഥം ഞാനെ പറഞ്ഞു അപ്പം ഭാഷയത്തിലും പലയിടത്തും ഇങ്ങനെ ആശയക്കുഴപ്പം ഉണ്ടാകുന്ന തരത്തില് ഭാഷ പ്രവഹിച്ചുകളെ നേരത്തെ പറഞ്ഞു എന്താണ് വസ്തു സ്വരൂപ അവധാരണം വിദ്യ അതാരണം എന്ന് പറഞ്ഞ എന്താർത്ഥം നിശ്ചയം നമ്മടെ പറഞ്ഞു അപ്പൊ എന്ന് വെച്ചിവിടെ പറഞ്ഞു എന്താണ് ഇവിടെ പറഞ്ഞു ജ്ഞാനേന പ്രമാണേനാണ് ബ്രഹ്മയ്ക്ക് പ്രമാണമെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ ചെല്ലത്ത് അതുകൊണ്ടാണ് ഈ വ്യാഖ്യാതാക്കളുടെ ഒരുപാട് അഭിപ്രായ വരുന്നു എല്ലായിടത്തും ഒരേ രീതി ഭാഷ പ്രയോഗിക്കത്തില്ല ഇവിടെ പറഞ്ഞു എന്താണ് ബ്രഹ്മവഗ്രഹി പുരുഷ ബ്രഹ്മജ്ഞാനമാണ് പുരുഷാർത്ഥം എന്ന് നേരത്തെ പറഞ്ഞെന്താണ് ബ്രഹ്മജ്ഞാന ഫലമാണ് പുരുഷാർത്ഥം നിശ്രേയസം എന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ ഈ പറഞ്ഞ എന്റെ അർത്ഥം ഇങ്ങനെ എടുക്കണം ബ്രഹ്മജ്ഞാനവും ഒരു പുരുഷാർത്ഥമാണ് അതും അപ്പൊ ബ്രഹ്മജ്ഞാനവും നിശ്രേയസവും നമ്മളുടെ വ്യത്യാസം എന്താണ് ബ്രഹ്മജ്ഞാനത്തിന്റെ ഫലമാണ് നിശ്രേയസം മോക്ഷം അപ്പം ബ്രഹ്മജ്ഞാനവും ബ്രഹ്മവും അത് തമ്മിലെന്താ വ്യത്യാസം ബ്രഹ്മജ്ഞാനം ബ്രഹ്മം എന്ന് പറയുന്നതിന് എന്താ വ്യത്യാസം ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ വിഷയമാക്കുന്ന അറിവ് രത്തിലാകുന്നു പറഞ്ഞു ഏതൊക്കെ ഏതൊക്കെയാണ് നീങ്ങുക എന്ന് ഞാൻ പറഞ്ഞു ആ ഒരു വാക്കേ ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് വിക്ഷേപമൊന്നും ആവരണമെന്നൊന്നും പറഞ്ഞിട്ടേ ബ്രഹ്മൻ തന്നെയാ ഞാൻ ബ്രഹ്മാനാണല്ലോ അതൊന്നു ബ്രഹ്മാനെന്ന് പറഞ്ഞ പിന്നെന്താണ് പൃഥ്വിജ്ഞാന് പറഞ്ഞ എന്താ പൃഥ്വിജ്ഞാനം എന്ന് പറഞ്ഞാ എന്താണ് വൃത്തിജ്ഞാനം എന്ന് പറഞ്ഞെന്താണ് വൃത്തിയിലുള്ള ഞാൻ വൃത്തി അപ്പൊ ഇവിടെ പറയുന്നു ബ്രഹ്മാവഗതി ബ്രഹ്മജ്ഞാനമാണ് ആ ബ്രഹ്മ തരത്തിലാകാം എന്താണ് നേരത്തെ പറഞ്ഞ പോലെ വസ്തു സ്വരൂപം അവധാരണമാകാം അല്ലെങ്കിൽ ഭക്ഷിക്കാരനൂടെ പറയാത്ത ഏത് ഏതാണോ അഖണ്ഡാകാര വൃത്തി രണ്ടു ആകാം അതാണ് പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിക്കൊള്ളണം അത് അജ്ഞാനത്തെ നശിപ്പിക്കുന്നു പുരുഷാർത്ഥത്തിന് കാരണമായി തീരുന്നു അതുകൊണ്ട് അതും പുരുഷാർത്ഥമാണെന്ന് മനസ്സിലാക്കാം നിശേഷ സംസാര ബീജ അവിദ്യാധി അനർത്ഥ നിർബണ പുരുഷാർത്ഥം എന്തുകൊണ്ട് പറഞ്ഞു സംസാരത്തിന്റെ ബീജമായിരിക്കുന്ന അവിദ്യാതി അനർത്ഥത്തെ നിശേഷമായി പൂർണമായും നിർബണ എന്താണ് നശിപ്പിക്കുന്നത് ബ്രഹ്മാവഗതി ്രഹ്മാപകതി സംസാരത്തിന്റെ സംസാരമെന്ന് പറഞ്ഞാൽ ഞാനും പറഞ്ഞാദികളും അതിനനുഭവിക്കുന്ന സുഹൃത്തുക്ക ആദികളും ഒക്കെ അവിദ്യ തുടങ്ങിയ അനർത്ഥങ്ങളെ നിശേഷം നശിപ്പിക്കുന്നു അതുകൊണ്ട് ആ ബ്രഹ്മജ്ഞാനത്തെ പുരുഷാർത്ഥം എന്ന് പറയുന്നു അപ്പോൾ ഇതൊക്കെ നശിപ്പിച്ചെന്താ സംഭവിക്കുന്നത് ീ പറയുന്ന സംസാര ബീജഅവിദ്യ അനർത്ഥത്തെ നശിപ്പിച്ച എന്താ സംഭവിക്കുന്നു ഇതൊക്കെ നശിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് അതുകൊണ്ട് എന്താണ് ബ്രഹ്മത്തെ വ്യം അതായത് ജിജ്ഞാസ എന്ന് പറയുന്ന സൻ പ്രത്യകാന്തമാണ് അതിലൂടെ തവ്യത് പ്രത്യകം ചേർത്തു ഇപ്പൊ തവ്യത്വെന്ന് പറയുന്ന ഒരു കർത്തവ്യത്തെ കാണിക്കുകയാണ് ചെയ്യണം ഇപ്പൊ സന്നിന്റെ അർത്ഥം ഇച്ഛയാണ് ഇച്ഛ ചെയ്യണം എന്ന് പറയാൻ പറ്റില്ല ഇച്ഛ കൃതിയുടെ വിഷയമല്ല അപ്പൊ പിന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു വ്യാഖ്യാതാക്കൾ പറയുന്നത് സന്ന എന്ന് പറയുന്നതിന്റെ അർത്ഥം ലക്ഷണയിലൂടെ വിചാരം എന്നുള്ള അർത്ഥം കൊടുക്കുന്നു വിചാരം അപ്പൊ ബ്രഹ്മജിജ്ഞാസ എന്ന് വെച്ചാൽ ബ്രഹ്മവിചാരം കർത്തവ്യത്ത് എന്ന് കാണിക്കുകയാണ് ഗാന്ധവ്യം പോകേണ്ടതാണ് കർത്തവ്യം ചെയ്യേണ്ടതാണ് ഇപ്പൊ ബ്രഹ്മവിചാരം കർത്തവ്യം എന്നുള്ള അർത്ഥം വ്യത്ത് ചേർത്തത് കൊണ്ട് ബ്രഹ്മ വിചാരം കർത്തവ്യം വരും എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രഹ്മസൂത്രം ശ്രവിക്കേണ്ടതാണ് എന്നർത്ഥം വരും എന്നാലേ ചെയ്യാൻ പറ്റും അത് ബ്രഹ്മസൂത്രം ശ്രവിക്കണ്ടേ അർത്ഥം ഇവിടെ വ്യാഖ്യാതാക്കൾ പറയുന്നതാണ് എന്തുകൊണ്ട് ഞാൻ സൻപ്രയം ഒന്ന് സന്നിന്റെ അർത്ഥം ഇച്ഛയാണ് ഇവിടെ കർത്തവ്യം എന്നുള്ള അർത്ഥത്തിലുള്ള തവ്യത് പര്ത്യം ഒന്ന് അത് ഇച്ഛ കർത്തവ്യമല്ല അപ്പൊ ലക്ഷണാവൃത്തിയിലൂടെ ഇച്ഛക്ക് എന്തർത്ഥം കൊടുക്കണം വിചാര സൻ പ്രത്യത്തിന്റെ വിചാരം കർത്തവ്യം അപ്പൊ തസ്മാത് ബ്രഹ്മ എന്ന് പറഞ്ഞ അർത്ഥം ബ്രഹ്മവിചാരം കർത്തവ്യം വ്യാഖ്യാനങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അപ്പൊ ഇത്രയും കൊണ്ട് അടുത്ത പരിപാടി തീർന്നു അത് ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുന്ന വിഷയം ഇവിടെ വ്യാഖ്യാനിച്ചു ഇനി അടുത്ത പൂർവമീമാംസയില് ധർമ്മത്തെ സംബന്ധിച്ച് ഉന്നയിച്ച ഒരേ പ്രശ്നം ഇവിടെ ബ്രഹ്മത്തെ സംബന്ധിച്ചും ചോദിക്കുകയാണ് ഇതെല്ലാം പൂർവമീമാംസയുടെ ചുവടു പിടിച്ചാ പോകുന്നത് ഇവിടെ അവിടെ ധർമ്മ ജിജ്ഞാസർമ്മ എന്ന് പറഞ്ഞിവിടെ ബ്രഹ്മണ ജിജ്ഞാസ ബ്രഹ്മജിജ്ഞാസ ഇങ്ങനെ പോവുകയാണ് അടുത്തവിടെ ചോദിക്കുന്നത് പുനർബ്രഹ്മ പ്രസിദ്ധം അപ്രസിദ്ധം ബ്രഹ്മ ആ ബ്രഹ്മിന് പ്രസിദ്ധമാണോ എന്ന് വെച്ചാൽ ജ്ഞാതമാണോ അറിഞ്ഞോ അപ്രസിദ്ധം അതോ അറിഞ്ഞില്ലയോ നിങ്ങൾ ബ്രഹ്മത്തെ കുറിച്ചുള്ള വിചാരം ചെയ്യണമെന്നല്ലേ പറഞ്ഞത് അല്ലെങ്കിൽ സാറിന് പറഞ്ഞ എന്നല്ലേ പറയുന്നു അറിയുന്ന ആഗ്രഹം എന്നാണ് പറയുന്നത് അപ്പൊ ബ്രഹ്മത്തെ അറിഞ്ഞോ അറിഞ്ഞില്ലയോ ചോദ്യം ഇത് പൂർവം ആസിച്ച് ധർമ്മത്തെ നിങ്ങൾ പറയുന്നു ഏത് പ്രസിദ്ധം എന്നാ ജിജ്ഞാസിത വേയും അറിഞ്ഞെങ്കിൽ ഇനി അറിയാൻ ആഗ്രഹിക്കേണ്ട കാര്യമില്ല ഏതേ പ്രസിദ്ധം കാരണം അങ്ങനെ പറയാൻ കാരണം എന്താണോ ഇപ്പൊ സ്വർഗം സ്വർഗത്തെ ഒരാൾ അറിഞ്ഞു അയാഗാന്തി അറിയാനുള്ള ആഗ്രഹം ഉണ്ടാകുന്നു എന്താഗ്രഹം സ്വർഗത്തിൽ പോകുന്നതിനുള്ള വഴിയെ അതിനെ അറിയുന്നുള്ള ആഗ്രഹം ഉണ്ടാകും ധർമ്മ ജിജ്ഞാസുണ്ടാവും അത് സ്വർഗത്തെക്കുറിച്ച് അറിഞ്ഞല്ലേ ഒരാൾക്ക് ജിജ്ഞാസ ഉണ്ടാകത്തുള്ളു അറിയാതെ എങ്ങനെയാകും എങ്ങനെ സ്വർഗ്ഗത്തിൽ പോകും സ്വർഗത്തിൽ പോകാൻ എന്താ വഴിയെന്നെങ്ങനെയാണ് ചിന്തിക്കുന്നത് അപ്പൊ സ്വർഗത്തിന്റെ ജ്ഞാനം ഉണ്ടായാലേ എന്തുണ്ടാവൂ ധർമ്മ ജിജ്ഞാസ ഉണ്ടാകത്തുള്ളു അറിയാനുള്ള ആഗ്രഹം ഉണ്ടാകത്തുള്ളൂ അതുപോലെ ഇവിടെ ചോദിക്കുന്നു ബ്രഹ്മം അത് ഞങ്ങൾ അറിഞ്ഞോ എന്നാണ് അറിഞ്ഞെങ്കിൽ പിന്നെ അറിയാനുള്ള ആഗ്രഹം എങ്ങനെ ഉണ്ടാവണം ഇവിടെ അറിയാനുള്ള ആഗ്രഹം എന്നല്ലേ പറഞ്ഞത് ജിജ്ഞാസ അറിഞ്ഞെങ്കിൽ പിന്നെ അറിയേണ്ട ആഗ്രഹം ഉണ്ടാവും അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവത്തില്ലല്ലോ അത് അപ്രസിദ്ധ ഇനി അറിഞ്ഞില്ല എന്ന് പറയണമെങ്കിൽ ഒരാൾ സ്വർഗത്തെക്കുറിച്ച് അറിഞ്ഞേയില്ല അപ്പം അയാൾക്ക് സ്വർഗത്തിൽ പോകാൻ എന്ത് വഴി എന്നുള്ള ജിജ്ഞാസ ഉണ്ടാവും അറിഞ്ഞില്ലെങ്കിലും സ്വർഗത്തിൽ പോകാൻ എങ്ങനെ എന്നുള്ള ആഗ്രഹങ്ങളോട് കൂടി ഉണ്ടാകത്തില്ല അങ്ങനെ പറയുന്ന അപ്രസിദ്ധം ബ്രഹ്മത്തെ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ദൈവസഖ്യം ജിജ്ഞാസിതും അപ്പോ അതിനെ അറിയാനുള്ള ആഗ്രഹം ഉണ്ടാകത്തില്ല അതുകൊണ്ട് നിങ്ങൾ ബ്രഹ്മ ജിജ്ഞാസ എന്ന് പറയുമ്പോൾ ബ്രഹ്മത്തെ കുറിച്ച് അറിഞ്ഞിട്ടാണോ അറിയുന്നത് അറിയാതെയാണോ പറഞ്ഞത് അറിഞ്ഞാൽ ഇനി അറിയാനുള്ള ആഗ്രഹം ഉണ്ടാകേണ്ട കാര്യമില്ല അറിഞ്ഞില്ലെങ്കിലും അറിയാനുള്ള ആഗ്രഹം ഉണ്ടാകത്തില്ല എന്നാണ് ർക്കം അതാ അപ്രസിദ്ധം അറിഞ്ഞില്ലെങ്കിലും ദൈവശക്തി ജിജ്ഞാസിനും അറിയുന്നതിന് സമാനമായിട്ട് പറയും അസ്ഥിതാവത് ബ്രഹ്മനിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവം സർവജ്ഞം സർവശക്തി സമന്വീതം നിത്യശുദ്ധവാചസ്തിർ ആത്മാതിർത്തിഹമസ്മീയാത്മാ <mentorSí Oxide Surum> ഹിലോകെ ബ്രഹ്മ ആത്മത്വേന പ്രസിദ്ധം മസ്ജിദ് ഇവിടെ പറയുന്ന എന്താണ് ബ്രഹ്മത്തെ അറിയുന്നുണ്ട് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ജിജ്ഞാസ ഉണ്ടാകുന്നത് എന്നാൽ ശരിക്ക് അറിയുന്നില്ല അതാണ് കുറച്ച് ഇപ്പം ബ്രഹ്മത്തെക്കുറിച്ചുള്ള ശരിയായ അറിവിന് വേണ്ടിയിട്ടാണ് ബ്രഹ്മത്തെക്കുറിച്ചുള്ള സമ്യജ്ഞാനത്തിന് വേണ്ടിയിട്ടാണെന്ത് ബ്രഹ്മത്തോട്ടും അറിയാതെ അല്ല സ്വർഗവും ഇന്ന് തമ്മിൽ വ്യത്യാസമുണ്ട് സ്വർഗം വേറെയാണ് അവിടെ പോകാനുള്ള ധർമ്മം വേറെയാണ് അതിനുവേണ്ടി അനുഷ്ഠാനങ്ങൾ വേറെയാണ് അപ്പൊ സ്വർഗത്തെക്കുറിച്ച് അറിഞ്ഞാൽ പിന്നെ ധർമ്മം അതിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാൻ ആഗ്രഹമുണ്ടാവും ബ്രഹ്മം എന്ന് പറയുന്നത് അതിന് വ്യത്യാസമുണ്ട് ബ്രഹ്മത്തെ അറിയുന്നു ശരിയാണ് പക്ഷെ അറിയുമ്പോൾ തന്നെ എന്തു ചെയ്യുന്നു അതിനെ ശരിയായ രീതി അറിയുന്നുണ്ട് അപ്പോൾ ശരിയായ രീതി അറിയാനുള്ള ആഗ്രഹം ഉണ്ടാകും അറിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല അതാണ് അവിടും വ്യത്യാസം അതാണ് ആണ് നസ്ജിദാവത് ബ്രഹ്മ ബ്രഹ്മം എന്ന് പറയുന്ന ഒന്നുണ്ട് യാതൊരു സംശയവും ഇല്ല എങ്ങനെ നിത്യ ശുദ്ധ ബുദ്ധ മുക്തസ്വഭാവം നിത്യമായി ശുദ്ധമായി ബുദ്ധമായി മുക്തമായ സ്വരൂപത്തോടു ഒരു ബ്രഹ്മമുണ്ട് എന്നും ഭാഷകാരൻ തറപ്പിച്ചു പറയുകയാണ് യാതൊരു സംശയമില്ല ്രഹ്മം ഉണ്ട് പിന്നെ അതെങ്ങനെ സർവജ്ഞം അത് അടുത്ത സൂത്രത്തിൽ പറയും അത് സർവജ്ഞനാണ് സർവശക്തി സമന്വീതം എന്നുവെച്ചാൽ ഉപാധികളോട് കൂടിയതാണ് നിത്യശുദ്ധ ബുദ്ധുമാണ് അതേസമയം സർവജ്ഞത്വം സർവശക്തി സമന്വീതം അവയോടും കൂടിയതാണ് അപ്പൊ ഇങ്ങനെ ഒരു ബ്രഹ്മത്തെ എങ്ങനെ അറിവുണ്ടായി പറയുന്നു ബ്രഹ്മശബ്ദുപാദ്യമാനസിയ നിത്യശുദ്ധത്വതയോ അർത്ഥ പ്രതിയത് ബ്രഹ്മശബ്ദത്തിന്റെ വിപത്തിയെ കുറിച്ച് എന്ത് ചെയ്യുമ്പോ ബ്രഹ്മശബ്ദത്തിന്റെ അവയവ അർത്ഥത്തെ കുറിച്ച് എന്ത് ബൃഹത്ത് എന്നതാണ് എന്റെ അർത്ഥം ഏറ്റവും ബൃഹത്തായതിനാണെന്ന് പറയുന്നത് ബ്രഹ്മെന്ന് പറയുന്നു വിജയ് പ്രപഞ്ചത്തിനേക്കാളും എല്ലാം ബൃഹത്തായത് ഈ പ്രപഞ്ചത്തിന്റെ സ്വഭാവം എന്തുവാ അതിനൊക്കെ നേരെ വിപരീതമായ സ്വഭാവത്തോടുകൂടി പ്രപഞ്ചം അശുദ്ധമാണെങ്കിൽ അത് ശുദ്ധമാണ് പ്രപഞ്ചം അനിത്യമാണെങ്കിൽ അത് പ്രപഞ്ചം ജഡമാണെങ്കിൽ അത് ബുദ്ധമാണ് ഇങ്ങനെ ബ്രഹ്മശബ്ദ സ്ത്പാദ്യ മാനസ് അതിന്റെ പ്രകൃതി പ്രത്യവിവേചനം ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ചെയ്യുന്ന വ്യക്തിക്ക് നിത്യശുദ്ധത്വ അർത്ഥ നിത്യത്വം ശുദ്ധത്വം തുടങ്ങിയ അർത്ഥങ്ങൾ പ്രതീയന് ബ്രഹ്മം എന്ന് പറയുന്ന ശബ്ദത്തെ കുറിച്ച് അതിന്റെ വിവേകം ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നിത്യശുദ്ധ ബുദ്ധമുക്തമായ ഒരു വസ്തുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ബൃഹദേഹെ ധാതു അർത്ഥാനുഗമാ ബൃഹദ്ധാതുവിന്റെ ബ്രിഹി ബൃദ്ധവും ധാതു ആ ധാതുവിന്റെ അർത്ഥ അനുഗമ അർത്ഥത്തിനനുസരിച്ച് ആ അർത്ഥത്തിൽ നിന്ന് തന്നെ കിട്ടും ബൃഹധാതുവിന്റെ അർത്ഥത്തിൽ നിന്ന് തന്നെ ഈ പറയുന്ന അർത്ഥങ്ങളെല്ലാം കിട്ടും കാരണം ഏറ്റവും ബൃഹത്തായിരിക്കണമെങ്കിൽ അത് പ്രപഞ്ചത്തിൽ നിന്നും ഭിന്നമായിരിക്കണം അപ്പോൾ പ്രപഞ്ചത്തിന്റെ ധർമ്മങ്ങളെല്ലാം നിഷേധിക്കുമ്പോൾ എന്തു കിട്ടും നിത്യത്വം ശുദ്ധത്വം ബുദ്ധത്വം മുക്തത്വം എല്ലാം ഉള്ള ഒന്നാണ് ബ്രഹ്മം എന്ന് പറയുന്നത് നേരിട്ടല്ല മനസ്സിലാക്കുന്നു ബൃഹതെന്ന് പറയുന്ന അപ്പോ ശങ്കരാചാര്യര് നിത്യശുദ്ധ ബുദ്ധ ഗുപ്തമായ ഒരു അത്തരത്തിലുള്ള ഒരു ബ്രഹ്മത്തെ മനസ്സിലാക്കുന്നതങ്ങനെ ബ്രഹ്മശബ്ദത്തിന്റെ വിൽപ്പതിയിലൂടെയാണ് അതിന്റെ പ്രകൃതി പ്രത്യേക വിവേചനം ചെയ്ത് ഗൃഹ ബ്രഹ്മ എന്നാൽ ധാതുവിൽ നിന്നാണ് ഈ ഒരു ശബ്ദം ഉണ്ടായത് അതിന്റെ അർത്ഥം ബൃഹത്ത് എന്നാണ് ബൃഹത്തായൊന്നായിരിക്കണം ഇല്ലാതെ ഈ പ്രാപഞ്ചികമായ ഒന്നും ഉണ്ടാകാൻ പാടില്ല ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് നിത്യശുദ്ധ ബുദ്ധമുക്തമായ ഒരു ബ്രഹ്മം ഉണ്ടെന്ന് ആര് മനസ്സിലാക്കിയത് ശങ്കരായ അക്കാര്യമാണ് പറയുന്നു അതാണ് ബൃഹദേഹേ ധാതോഹോ ബ്രിഹി ബ്രഹ്മി വൃദ്ധവും എന്ന് പറയുന്ന ധാതു അർത്ഥാനുഗമ അർത്ഥത്തിനനുസരിച്ച് ശബ്ദത്തിൽ നിന്ന് തന്നെ ഒരർത്ഥബോധം ഉണ്ടാവും അപ്പൊ ശബ്ദത്തിൽ നിന്ന് അർത്ഥബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ അതാണ് ബ്രഹ്മത്തെ കുറിച്ചുള്ള ബോധം അതിനെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കൂടെ ബ്രഹ്മ വിജ്ഞാസ കൂടുതൽ അറിയാൻ വേണ്ടി എന്നാണ് ഇനി പറയാൻ പോകുന്നത് ഉം <laughs>